അധ്യായം ഇരുപത്തിയേഴ് ഇയോബ് തന്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയതെന്തെന്നാൽ എന്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ് എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ് എന്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എന്റെ മൂക്കിലും ഉണ്ടല്ലോ എന്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല എന്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല മരിക്കുവോളം എന്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു എന്റെ ഹൃദയം എന്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല എന്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എന്റെ എതിരാളി നീതികെട്ടവനെപ്പോലെയും ആകട്ടെ ദൈവം വഷളനെ ഛേദിച്ച് അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവൻ എന്തു പ്രത്യാശ ശേഷിപ്പോൾ അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേൾക്കുമോ അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ ദൈവത്തിന്റെ കൈയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും സർവശക്തന്റെ ആന്തരം ഞാൻ മറച്ചു വെക്കയില്ല നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു നിങ്ങൾ വ്യർത്ഥബുദ്ധികളായിരിക്കുന്നത് എന്ത് ഇത് ദുർജനത്തിന് ദൈവത്തിന്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠൂരന്മാർ നിന്ന് പ്രാപിക്കുന്ന അവകാശവും അവന്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ടത്രേ അവന്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകയില്ല അവന് ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിലാകും അവന്റെ വിധവന്മാർ വിലപിക്കുകയുമില്ല അവൻ പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും മണ്ണുപോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേയുള്ളൂ നീതിമാൻ അതൊടുക്കും കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും ചെലന്തിയെപ്പോലെ അവൻ വീടു കാവൽക്കാരൻ മാടം കെട്ടുന്നതുപോലെ തന്നെ അവൻ ധനവാനായി കിടക്കുന്നു പിന്നെ അങ്ങനെ ചെയ്യുകയില്ല അവൻ കണ്ണു തുറക്കുന്നു ഇല്ലാതെയാകുന്നു വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കൊണ്ടുപോകുന്നു കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പൊയ് അവന്റെ സ്ഥലത്ത് നിന്ന് അതവനെ പാറ്റിക്കളയുന്നു ദൈവം ആദരിയാതെ അവനെ എയ്യുന്നു തൃക്കയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു മനുഷ്യർ അവന്റെ നേരെ കൈകൊട്ടും അവന്റെ സ്ഥലത്തുനിന്ന് അവനെ വിരട്ടി പുറത്താക്കും